വേദക്കാരനായ സത്യനിഷേധികളോ ബഹുദൈവ വിശ്വാസികളോ നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുസുബഹാനഹൂവറ്റ ആല നിങ്ങളിലേക്ക് ഏതെങ്കിലും അനുഗ്രഹം ഇറക്കിത്തരുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹുസുബഹാനഹൂവത്ത ആല താൻ ഉദ്ദേശിക്കുന്നവർക്ക് തൻറെ കാരുണ്യം പ്രത്യേകമായി നൽകുന്നു അള്ളാഹുസുബഹാനഹൂവത്ത ആല മഹത്തായ അനുഗ്രഹത്തിന്റെ ഉടമയാകുന്നു